ം ഏഴ് എന്നാൽ ഇസ്രായേൽ മക്കൾ ശപദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരകൃത്യം ചെയ്തു യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലതെടുത്തു യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു യോശുവ എരിഹോവിൽ നിന്ന് ബേധേലിന് കിഴക്ക് ബേധാവന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ച് അവരോട് നിങ്ങൾ ചെന്ന് ദേശം ഒറ്റ നോക്കുവിൻ പറഞ്ഞു അവർ ചെന്ന് ഹായിയെ യോശുവയുടെ അടുക്കൽ മടങ്ങിവന്ന് അവനോട് ജനമെല്ലാം പോകണമെന്നില്ല ഹായിയെ ജയിച്ചടക്കുവാൻ രണ്ടായിരമോ മൂവായിരമോ പോയാൽ മതി സർവജനത്തെയും അവിടേക്കയച്ച് കഷ്ടപ്പെടുത്തേണ്ട അവർ ആൾ ചുരുക്കമത്രേ പറഞ്ഞു അങ്ങനെ ജനത്തിലേകദേശം മൂവായിരം പേർ അവിടേക്ക് പോയി എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി ഹായി പട്ടണക്കാർ അവരിൽ മുപ്പത്താറോളം പേരെ കൊന്നു അവരെ പട്ടണവാതുക്കൾ തുടങ്ങി ശബാരിയും വരെ പിന്തുടർന്നു മലഞ്ചെരുവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ഐത്തീർന്നു യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രയേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരിയിട്ടുകൊണ്ട് സന്ധ്യവരെ സാഷ്ടാംഗം വീണുകടന്നു അയ്യോ കർത്താവായഹോവെ ഞങ്ങളെ നശിപ്പിപ്പാൻ അമൂര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്ത് ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു യഹോവേ ഇസ്രയേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയണ്ടു കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായിച്ച് കളയുമല്ലോ എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനുവേണ്ടി എന്തു ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു യഹോവ യോശുവയോട് അരുളി ചെയ്തത് എഴുന്നേൽക്ക നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന് ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശബദാർപ്പിതം എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവു ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്ഥരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം വന്നു ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറകാം നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട് ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തുവരേണം യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തു വരേണം യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായി അടുത്തുവരേണം യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തുവരേണം ശബദാർപ്പിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം അവൻ യഹോവയുടെ നിയമം ലംഘിച്ച് ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങനെ യോശുവ അതികാലത്ത് എഴുന്നേറ്റ് ഇസ്രയേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി യഹൂദാഗോത്രം പിടിക്കപ്പെട്ടു അവൻ യഹൂദാ ഗോത്രത്തെ കുലംകുലമായി വരുത്തി സർഹ്യകുലം അവൻ സർഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി സബ്ദി പിടിക്കപ്പെട്ടു അവന്റെ കുടുംബത്തെ ആളാം പ്രതി യഹൂദാ ഗോത്രത്തിൽ സേരഹന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു യോശുവ ആഖാനോട് മകനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക നീ എന്തു ചെയ്തു എന്ന് പറക എന്നോട് മറച്ചുവെക്കരുത് യോട് ഞാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും ഇരുന്നൂറ് ഷേക്കൽ വെള്ളിയും അമ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു വെള്ളി അടിയിലാകുന്നു ഉത്തരം പറഞ്ഞു യോശുവ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു അവർ അവയെ കുടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നദ്ധിയിൽ വെച്ചു അപ്പോൾ യേശുവയും എല്ലാ ഇസ്രയേലും കൂടെ സ്വേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാ അവന്റെ കാള കഴുത ആട് കൂടാലം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വലച്ചത് എന്തിന് യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രയേലെല്ലാം അവനെ കല്ലെറിഞ്ഞു അവരെ തീയിലിട്ട് ചുട്ടുകളും കല്ലെറിയുകയും ചെയ്തു അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന കൂട്ടി അത് ഇന്നുവരെ ഇരിക്കുന്നു ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് ഇന്നുവരെ പേർ പറഞ്ഞുവരുന്നു